എന്നാൽ അവർ പറഞ്ഞു ഞങ്ങളുടെ യാത്രകൾക്കിടയിലുള്ള ദൂരം നീട്ടിക്കൊടുക്കണമേ അവർ തങ്ങളെത്തന്നെ ദ്രോഹിച്ചു അതിനാൽ നാം അവരെ വെറും കഥകളാക്കി മാറ്റി അവരെയെല്ലാം നാം ചിതറിച്ചു കളഞ്ഞു തീർച്ചയായും അതിൽ ക്ഷമയുള്ളവനും നന്ദിയുള്ളവനുമായ ഏതൊരാൾക്കും ദൃഷ്ടാന്തങ്ങളുണ്ട്